നിങ്ങൾക്ക് നൽകപ്പെട്ട ഏതൊരു വസ്തുവും ഇഹലോക ജീവിതത്തിന്റെ താൽക്കാലിക സുഖം മാത്രമാകുന്നു എന്നാൽ വിശ്വസിക്കുകയും തങ്ങളുടെ രക്ഷിതാവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്തവർക്ക് അള്ളാഹു സുബാനുഹുവ തയാലായുടെ അടുക്കലുള്ളതാണ് ഏറ്റവും ഉത്തമവും ശാശ്വതവും